Alhamdulillah. نعبده ونستعينه ونؤمن به ونتوكل عليه. ونعود بالله من شرور أنفسنا ومن سجيئات عمالنا. من يهده الله فلا مضلله ومن يضلله فلا خاديله. ولا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسلهم بين امم داد الدين الحق ليغره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد أما بعد فإِنَّ خَيْرَ الْحَدِيثِ كِتَابُ اللهِ وَخَيْرَ السُّنَنِ سُنَنُ مُحَمَّدٍ صَلَّى اللهُ عَلَيْهِ وَسَلَّمَ وَشَرَّ الْأُمُورِ مُحْدَثَاتُهَا وَكُلُّ مُحْدَثَةٍ بِدْعَةٌ وَكُلُّ بِدْعَةٍ ضَلَالَةٌ <يسيق> <يسيق> يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون <تقى الله> اعوذ بالله من الشيطان الرجيم ولو ان اهل القرى امنوا واتقوا لفتحنا عليهم بركات من السماء لفتحنا عليهم بركات من السماء والارض ولكن كذبوا philosophers architectural ovan lushmee Adams JB Kaan Yaxidi Christina KNOW coronavirus Changin Al-aba'n Yiyatihun 벤 truly ຃ sociedad被 Og threaten lü gli�quer並 não yapNS spindle evangelicals da satellit isso e 고� eduard melhores ཁsein Etニade ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ മഹാപ്രതാപത്തിന് മുമ്പിൽ തല കുണിച്ചുകൊണ്ട് ഭവ്യതപ്പെട്ട് ഉത്തതികളായി ജീവിച്ച് മരണപ്പെട്ടു പോകുവാൻ എന്നോടും നിങ്ങളെല്ലാ സഹോദരന്മാരോടും ഞാൻ ആദ്യമായി നടത്തുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ലോക ജനതയ്ക്ക് മുമ്പിൽ ഒരു സംഭവം വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ് സാന്റി എന്ന ഒരു കൊടുങ്കാറ്റ് അത്ലാന്റിക് തീരപ്രദേശങ്ങളിലൂടെ അതിശക്തമായി അടിച്ചു വീശിയ ഒരു കൊടുകാറ്റി ഇങ്ങനെ അനേകം ദുരന്തങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും വിശ്വാസികളായ ആളുകൾക്ക് ഗുണപാഠങ്ങളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാൻ ബാധ്യസ്ഥരാണ് ഏകദേശം പതിമൂന്നോളം സംസ്ഥാനങ്ങൾക്ക് ആ കൊടുങ്കാറ്റിന്റെ ഭീഷണിയുണ്ടായി എന്നാണ് സ്ഥിതി സ്ഥിതി കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത് അമേരിക്കയിലെ ഏറ്റവും ജനനിബിഡമായ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ന്യൂയോർക്ക് സംസ്ഥാനം ഏകദേശം അറുപത് മില്യൺ ജനങ്ങൾക്ക് ഈ കൊടുങ്കാറ്റിന്റെ ദുരന്തം അനുഭവപ്പെട്ടു അതിന്റെ നഷ്ടമുണ്ടായി എന്നാണ് കണക്കാക്കപ്പെടുന്നത് വളരെ അടുത്ത കാലങ്ങളിലായി ആ രാജ്യത്തെ പിടിച്ചുകൊരുക്കുന്ന പല കൊടുങ്കാറ്റുകളുടെയും പേരുകൾ ഇപ്പോൾ പത്രമാധ്യമങ്ങളിൽ പ്രസിദ്ധമാണ് രണ്ടായിരത്തി അഞ്ചിൽ അടിച്ച് വീശിയ ന്യൂ ഓർലൈൻസിലെ കത്രീന കൊടുങ്കാറ്റി രണ്ട് മില്യൺ ഡോളറിന്റെ നഷ്ടമാണ് രണ്ടായിരത്തി അഞ്ചിൽ അതുണ്ടാക്കിയത് അതിനുശേഷം രണ്ടായിരത്തി എട്ടിൽ ലോകത്തെ പിടിച്ചു കുലുക്കിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി പല സാമ്പത്തിക സ്ഥാപനങ്ങളും തകർന്നു പല കമ്പനികളും തകർന്നു അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് അമേരിക്കയിൽ അതിന്റെ അലയൊലികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രകടമായി അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഐറിൻ എന്ന് പറയുന്ന ഒരു കൊടുങ്കാറ്റ് ഏകദേശം പത്ത് ബില്യൺ ഡോളറിന്റെ നഷ്ടം ആ കൊടുങ്കാറ്റുണ്ടാക്കി എന്നാണ് തീവ്ര കണക്ക് പറയുന്നത് ഇപ്പോൾ നാൽപ്പത്തി അഞ്ച് ബില്യൺ ഡോളറിന്റെ നഷ്ടം രണ്ട് പോയിന്റ് ഒന്ന് ബില്ല് വീടുകൾക്ക് കറണ്ടില്ല പത്ത് മില്യൺ ജനങ്ങൾക്ക് പത്ത് ദിവസത്തോളം വൈദ്യുതിയില്ല ആയിരത്തി ഇരുന്നൂറ് ഷെഡ്യൂൾ ചെയ്ത ഫ്ളൈറ്റുകൾ പറക്കേണ്ട വിമാനത്തിന്റെ യാത്രകൾ ക്യാൻസൽ ചെയ്തു യാത്രക്കാർ പല വിമാനത്താവളങ്ങളിലും കുടുങ്ങി ഇങ്ങനെ ലോകം വളരെ ശ്രദ്ധിച്ചിട്ടുള്ള വളരെ കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു ദുരന്തമാണ് പരീക്ഷണാർത്ഥം അമേരിക്കൻ ജനതയെ പിടിച്ചുകൊരുക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആയാത്തിനാബുൽ നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അടയാളങ്ങളെ നാം അവർക്ക് കാണിച്ചു കൊടുക്കും അവരിൽ തന്നെ നാം കാണിച്ചു കൊടുക്കും അങ്ങനെ അള്ളാഹു യഥാർത്ഥത്തിലുള്ളവനാണ് കഴിവുള്ളവനാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നത് വരെ എന്ന് വിശ്വസുബ്രഹാനിൽ അള്ളാഹു സുബ്രഹാൻ മുത്തല പറയുന്നു ഇങ്ങനെ ഈ വലിയ ദുരന്തം സംഭവിക്കുന്ന ജനതയുടെ ഭൗതികമായ ഇൻഫ്രാസ്ട്രക്ചർ നമുക്കറിയാവുന്നതാണ് പൈലറ്റില്ലാത്ത വിമാനങ്ങളെ പറത്തി ഗുഹമടകളിൽ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളെ ബോംബിട്ട് തകർക്കുവാൻ കഴിവുള്ള അമേരിക്ക സാമ്പത്തികമായി എല്ലാ നിലക്കും ഉയർന്ന വിധാനത്തിലുണ്ട് എന്ന് അഭിമാനിക്കുന്ന അമേരിക്ക സാങ്കേതിക വിദ്യകളിലും ശാസ്ത്ര രംഗത്തും വളരെ നിലകൊള്ളുന്ന അമേരിക്ക എല്ലാവിധത്തിലുള്ള മനുഷ്യ പരിശ്രമത്തിന്റെ ഫലമായി ഉണ്ടാക്കിയ ഭൗതികമായ മുഴുവൻ പ്രമത്ഥതയുടെയും പ്രതാപത്തിന്റെയും ഉത്തുമ്പ ശംഖത്തിൽ വാണുകൊണ്ടിരിക്കുന്ന അമേരിക്ക ആ രാജ്യത്തെയാണ് ഇത്രയും കടുത്ത ഒരു പ്രതിസന്ധി പിടികൂടിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൽ നിന്ന് എന്താണ് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ വിശുദ്ധ കൂട്ടാനിൽ അള്ളാഹുസുബാനുള്ള വചനങ്ങൾ ആ നാട്ടുകാർ ആ ഗ്രാമക്കാർ വിശ്വസിക്കുകയും പടച്ചവനെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങളുടെ കവാടം ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും അള്ളാഹു അവർക്ക് നേരെ തുറന്നുവെക്കുമായിരുന്നു പകരം ആ നാട്ടുകാർ ആ ഭൂപ്രദേശ നിഷേധികളായി ഫാഹദു ബിമാ ഖാൻസിബുൻ അങ്ങനെ അവരുടെ താളം തെറ്റിയ പ്രവർത്തനങ്ങളുടെ കാരണത്താൽ അള്ളാഹു സുബാൻ അവരെ പിടികൂടി അതുകൊണ്ട് ആ നാട്ടുകാർ നമ്മുടെ വരുന്നതിനെ സംബന്ധിച്ച് നിർഭയരാണോ അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ശിക്ഷ അവർക്ക് വരുന്നതിൽ ആ നാട്ടുകാർ നിർഭയരാണോ അവർ സജീവമായ പകൽവേളകളിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ യും കുതന്ത്രം കാണിക്കുവാനുള്ള കഴിവിനെ കുറിച്ച് ഒരിക്കലും നിർഭയരാകുകയില്ല നഷ്ടക്കാരല്ലാതെ എന്ന് അള്ളാഹു സുബാൻ തല ഓർമ്മപ്പെടുത്തുന്നു അതേസമയം അള്ളാഹുവിന്റെ ശിക്ഷകളെ ഭയപ്പെട്ടും പടസവനെ ഓർത്തും സൂക്ഷ്മമായ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് സുഭിക്ഷത അള്ളാഹു നൽകുമെന്ന് സൂറത്തു ജിന്നിൽ അള്ളാഹു സുബ്രഹാന പറഞ്ഞു വലോ ആ നേരായ മാർഗത്തിൽ നേരച്ചൊക്കെ അവർ ജീവിച്ചിരുന്നുവെങ്കിൽ നാം അവർക്ക് ധാരാള കണക്കിന് ശുദ്ധമായ വെള്ളം കുടിക്കാൻ നൽകുമായിരുന്നു ആ അതൊരു ആലങ്കാരികമായി പറഞ്ഞതാണ് ധാരാളം ശുദ്ധമായ വെള്ളം എന്ന് പറയുന്ന അതിന്റെ ഉപകോത്ഫലമായി ഉണ്ടാകുന്ന കൃഷികളും സമ്പത്തും അതുപോലെയുള്ള സമ്പന്നതയും സുഭിക്ഷതയുമെല്ലാം അല്ലാതും അവർക്ക് അവരുടെ നേരായ ജീവിതം കൊണ്ട് നൽകുമായിരുന്നു എന്ന് അനടുത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് ഏതൊരു ദുരന്തം ഏതൊരു ലോകത്തിന്റെ ഭാഗങ്ങളിൽ ബാധിക്കുന്നുവോ അതിന്റെ പിന്നിൽ പടച്ചവനെ സംബന്ധിച്ച ആ വളരെ മോശപ്പെട്ട നിലവാര തകർച്ച ആ സമൂഹത്തിൽ ബാധിച്ചു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊരു മുസീബത്തും നിങ്ങളെ പിടികൂടുന്നുവോ ഫിമാ കസബത്ത് ഐദീക്കും അത് നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ അനന്തരഫലമാണ് നിങ്ങളുടെ തെറ്റായ പ്രവർത്തനങ്ങളുടെ അനന്തരഫലമാണ് ദുരന്തങ്ങൾ നിങ്ങളെ പിടികൂടുന്നത് എന്നാൽ പല കാര്യങ്ങളും അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകുകയാണ് നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ആ താളപ്പിഴ ആ ക്രമം തെറ്റിയത് പടച്ചവനെ ധിഖരിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ കൂത്താട്ടം അതിൽ പലതും അള്ളാഹു കണ്ടില്ലെന്ന് നടിക്കുകയാണ് കസീർ ധാരാളക്കണക്കിന് അങ്ങനത്തെ പ്രവർത്തനങ്ങൾ പടച്ചവൻ അത് അവഗണിക്കുന്നുണ്ട് പക്ഷെ അതിനൊക്കെ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയാണെങ്കിൽ ഈ ഭൂരോഗത്താരും ബാക്കി അള്ളാഹുവിനെ ക്ഷമ മഹത്തായ കാരുണ്യം കൊണ്ടും പഠിച്ചവൻ നമ്മളെ പരീക്ഷിക്കുന്നില്ലെന്ന് മാത്രം എന്നാണ് എന്താ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് എത്ര എത്ര ദൃഷ്ടാന്തങ്ങളാണ് ആകാശ മണ്ഡലങ്ങളിൽ നോക്കിയാൽ അവർക്ക് കാണാവുന്ന അത്ര ഭൂമിയിൽ അവർക്ക് സാക്ഷ്യം വഹിക്കാവുന്ന എത്ര എത്ര അടയാളങ്ങളാണ് അള്ളാഹ് ഉസ്മഹാനത്തിൽ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് യമുറൂൻ അലിഹ മനുഷ്യന്മാർ മുഴുവനും ആ ദൃഷ്ടാന്തങ്ങളെ സാക്ഷിയായി നേർക്കുനേരെ നോക്കിക്കണ്ടിട്ടും അവർ തിരിഞ്ഞു നടക്കുകയാണ് തിരിഞ്ഞു പോവുകയാണ് അതിൽ പടച്ചവന്റെ ശക്തിയെയും കുതിരത്തിനെയും അധികാരത്തെയും അവന്റെ തസർഫാദ് അവന്റെ വിനിമയക്രമങ്ങളെയും സംബന്ധിച്ച് ഒരിക്കലും മനുഷ്യൻ ബോധവാനാകുന്നില്ല പടച്ചവനെ പേടിക്കുന്നില്ല അവനെ മാത്രം ആരാധിക്കുന്നില്ല അവനെ തവക്കൽ ചെയ്യുന്നില്ല അവനോട് പ്രാർത്ഥിക്കുന്നില്ല അവൻ ധിഖാരിയായി തീരുക തന്നെയാണ് എന്നാണ് ഖുർആാൻ സൂറത്ത് യൂസുഫ് അതിന്റെ നൂറ്റി വചനത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹ് ഹാനാലയുടെ പട്ടാളങ്ങൾ പടച്ചവന്റെ ശക്തി ഭൂമിയിൽ അവൻ കാണിച്ചു കൊടുക്കുന്ന പടച്ചവന്റെ ഇല്ലാഹു അള്ളാഹുവിന്റെ പട്ടാളം ആരാണ് എന്ന് അള്ളാഹുവിന്റെ തന്നെയാണ് അറിയുക വേറെ ആർക്കും അള്ളാഹുവിന്റെ പട്ടാളം ആരാണ് എന്ന് അറിയില്ല അള്ളാഹുവിന്റെ മാത്രമേ അള്ളാഹുവിന്റെ ജിദുനെ കുറിച്ച് അറിയുകയുള്ളൂ എന്ന് വിശുദ്ധി അള്ളാഹു സുബാനോത്തല സുഹൃത്തിൽ മുദ്ധസ്ഥ അതിന്റെ മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ വ്യക്തമാക്കുന്നു അങ്ങനെ കാറ്റ് പടച്ചവന്റെ ഒരു ആയുധമാണ് പല പല പ്രതാപാന്മാരെയും പടച്ചവനെ വെല്ലുവിളിച്ച പല സമുദായങ്ങളെയും സമുദ്രികളെയും അതുപോലെ ജനസംസ്കാരങ്ങളെയും സമൃദ്ധിയെയും അള്ളാഹു സുബാന ഈ പട്ടാളത്തെ കൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാന പരാഗണ ക്ഷമതയോ അതുപോലെ തന്നെ മഴ പെയ്യ്ലെ കഴിവോ ഇല്ലാത്ത ുന്ന കാറ്റ് കൊണ്ട് അതാണ് അതയും എന്ന് പറഞ്ഞ വാക്കിനും തിരെ ഉത്പാദനക്ഷമമല്ലാത്ത ദുരന്തങ്ങൾ മാത്രം വിനക്കുന്ന കൊടുങ്കാറ്റ് കൊണ്ട് ആദ്യ സമുദായത്തെ അള്ളാഹ്ല അവർക്ക് നേരെ ആ കാറ്റിനെ അയച്ചു മാ തെറമീൻ ആ കാറ്റ് ഏതൊരു പ്രദേശത്തെ കൂടെ അടിച്ചു അതിന്റെ മുമ്പിൽ അത് തരിപ്പണമാക്കും ഇത് കുറാൻ പറയുന്നതാണ് സുഹൃത്തു ദാരിയ നാൽപ്പത്തി ഒന്ന് നാല്പത്തിരണ്ടാം ഏതൊരു വസ്തുക്കളിലൂടെ ആ കാട്ട് കടന്നുപോയോ അതിനെയൊക്കെ നുരുമ്പിയ എല്ലുകളെ പോലെ ഉണങ്ങി പാറി പറക്കുന്ന വൈക്കോൽ തുരുമ്പുകളെ പോലെ മാറ്റും എന്ന് അള്ളാഹുസുബാൻ പറയുന്നു വീണ്ടും എന്നാൽ ആദ്യ സമുദായത്തെ അള്ളാഹുസുബ്രഹാൻ നശിപ്പിച്ചത് അവർ നശിപ്പിക്കപ്പെട്ടത് വളരെ ശക്തിയോടുകൂടി അടിച്ചു വീശുന്ന ആതിയ വളരെ സക്രിയയോടുകൂടി അടിച്ചു വീശുന്ന കൊടുങ്കാറ്റി കൊണ്ടാണ് സഹിൻ അവരുടെ മേൽ ഏഴു രാത്രികളും എട്ട് പകലുകളും നിരന്തരമായ കാറ്റടിച്ചു വീശി അങ്ങനെ കടപുഴകി വീണ ഈത്തപ്പന തടികളെപ്പോലെ അവർ മറഞ്ഞു വീണു മരിച്ചു ആ ആദ്യ സമുദായം എന്ന് കുർആാൻ എടുത്തു പറയുന്നു അതുകൊണ്ട് തന്നെ നാം ഈ കാര്യങ്ങൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആ മഹാദുരന്ത ഓർക്കേണ്ടതുണ്ട് വിശുദ്ധിൽ അള്ളാഹു സുബാനോത്തല പറയുന്നു അള്ളാഹു സുബാൻ ഹോത്തല കാറ്റ് അത് ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിനും മുസ്ലിംകളെ സഹായിക്കുന്നതിനും അള്ളാഹു സുബാനുത്തല കാറ്റ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് ഹന്തക് യുദ്ധം ഹന്തക് എന്ന് പറഞ്ഞാൽ കിടങ്ങെന്നാണ് അർത്ഥം മദീനയിലെ ചുറ്റുഭാഗവും കിടങ്ങ് കുഴിച്ച് ആ കിടങ്ങിന് അപ്പുറത്ത് ശത്രുക്കളെ കാത്തിരുന്ന ഒരു യുദ്ധമാണ് മൂവായിരത്തോളം സൈന്യങ്ങളുമായി മുഹമ്മദ് മുസ്തഫ സാഹു അലൈവിസ്ലം പതിനായിരത്തോളം അതിലധികവും ആളുകളുള്ള ധാരാളക്കണക്കിന് ഗോത്രങ്ങളും ദൂതന്മാരും പരസ്പരം സംഘടിച്ചുകൊണ്ട് പ്രവാചകനെതിരെയും വിശ്വാസികൾക്കെതിരെയും സംഘടിച്ച യുദ്ധം ആ യുദ്ധത്തിൽ അള്ളാഹു സ്ഹാൻ ഹോതാല മലക്കുകളെ പറഞ്ഞയച്ചു കാറ്റിനെയും പറഞ്ഞയച്ചു അങ്ങനെ ആ പതിനായിരത്തെ അള്ളാഹു നിർദ്ധയം പരാജയപ്പെടുത്തുകയും അവരുടെ മൃഗങ്ങളെയും ആയുധങ്ങളെയും സമ്പത്തുക്കളെയും പോലും യുദ്ധക്കളത്തിൽ വിട്ട് അവർ ഓടിപ്പോയ സംഭവം വിശുദ്ധപ്പെടുത്തുന്നു അള്ളാഹുഹുസുബാനും വന്ന ബഹുദൈവ വിശ്വാസികളുടെ സംഘത്തെയാണ് ആ ഹെസാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നന്ദക് യുദ്ധത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഈ ആയത് അള്ളാഹുസുബാന വിശ്വാസികളെ നിങ്ങൾ ഓർക്കണം പടച്ചവൻ നിങ്ങൾക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം ഇത് ജാദും അംഗസംഖ്യയുള്ള ബഹുനിയമവിശ്വാസികളുടെയും ഒത്താൻ ഗോത്രക്കാരുടെയും ഹവാസിൻ ഗോത്രക്കാരുടെയും അതുപോലെ തന്നെ ജൂതന്മാരുടെയും എല്ലാവരും കൂടി ഗംഭീരമായ ഒരു സൈനിക സംഘം നിങ്ങൾ ആക്രമിക്കാൻ വന്ന സന്ദർഭത്തിൽ അള്ളാഹു അവർക്ക് ടെണ്ടുകൾ നിലനിൽക്കുന്നില്ല മൃഗങ്ങൾ അതിന്റെ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുന്നില്ല കടുത്ത കാറ്റയച്ചു കൊണ്ട് ശത്രു സങ്കേതത്തിലേക്ക് അള്ളാഹു ഏറ്റവും മാരകമായ പ്രഹരമേൽപ്പിച്ചു അങ്ങനെ അവർക്ക് പേടിയായി പേടിച്ചു വിറക്കാൻ തുടങ്ങി പലരും കെട്ടഴിക്കാത്ത മൃഗത്തിന്റെ മുമ്പിൽ ചാടി വീണ് ആ ഒട്ടകത്തെ തെളിച്ച സംഭവം പോലും ചരിത്രത്തിൽ പറയുന്നുണ്ട് കാര്യം കട്ടഴിക്കാൻ മറന്നുപോയി പേടികൊണ്ട് ആ നിലക്ക് അള്ളാഹു കാറ്റയച്ചുലം തറവ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത പട്ടാളം അത് മലക്കുകളാണ് ാണ് അപ്പോ കാ ഭാഗത്ത് നിന്ന് അടിച്ചു വീശുന്ന ഒരു കാറ്റ് അതാണ് സബാ കാറ്റ് ആ സഭാ കാറ്റ് എനിക്ക് സഹായം കിട്ടി അഥവാ യുദ്ധത്തിൽ അള്ളാഹു ആ കാറ്റയച്ച് എന്നെ സഹായിച്ചു എന്നാൽ ആ തീരെ ഉപകാരമില്ലാത്ത എന്നാൽ വളരെ ക്രൂരമായ നാശനഷ്ടങ്ങൾ വിനക്കുന്ന ഡബൂർ കാറ്റിക്കൊണ്ട് അള്ളാഹു ആദ്യ സമുദായത്തെ നശിപ്പിച്ചു എന്ന് മുസ്ലിം മുദ്രിക്കുന്ന ഹദീസിൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവിസ്ലം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇരിസല്ലാഹു അലൈവസ്ലം മേഘാവൃതമായ ആകാശത്തെ കാണുകയാണ് ഇവിടെ മുഖം മാറി അദ്ദേഹത്തിന്റെ മുഖം വിവരണമായി മുഖഭാവ് മാറിയപ്പോൾ ആയിഷി അള്ളാഹുനെ പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ മഴ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് പക്ഷെ നിങ്ങളെന്താണ് ഇങ്ങനെ വേജാർ പ്രകടിപ്പിക്കുന്നത് എന്ന് ആയിഷവധിയുള്ള അവന് ചോദിച്ചപ്പോൾ മുഹമ്മദ് മുസ്തഫാ സലഹു അല്ലൈവസ്ലം പറഞ്ഞു എത്ര എത്ര സമുദായങ്ങളാണ് ഇതുപോലെയുള്ള മേഘങ്ങൾ കൊണ്ടും കാറ്റുകൾ കൊണ്ടും കൊടുങ്കാറ്റുകൾ കൊണ്ടും നശിപ്പിച്ചത് അതുകൊണ്ട് തന്നെ എന്റെ സമുദായത്തെ ഈ പ്രകൃതിപരമായി വരുന്ന വലിയ ഈ ശക്തി ഈ കാറ്റിന്റെയും കോളിന്റെയും തേമാലിയുടെയും ശക്തി എന്റെ സമുദായം നശിപ്പിക്കപ്പെടല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പേടി പ്രകടിപ്പിക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫള്ളാഹു അല്ലൈവസ്ലം പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ ഹൂദ് സമുദായത്തിന്റെ ജനത മഴക്കാർ കണ്ടപ്പോ അവർ സന്തോഷത്തോട് തുള്ളിച്ചാടി ഇതാ വരുന്നു മേഘക്കൂട്ടങ്ങൾ ഞങ്ങൾക്ക് മടവെയ്യാൻ പോവുകയാണ് എന്ന് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു യഥാർത്ഥത്തിൽ അവർ പ്രവാചകനെ വെല്ലുവിളിച്ചുകൊണ്ടും ഹൂദിനിയെ വെല്ലുവിളിച്ചുകൊണ്ടും നീ ഞങ്ങളോട് പറയുന്ന ഞങ്ങളെ പേടിപ്പിക്കുന്ന ശിക്ഷ എന്താണ് വരാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് മക്കാരാക്കുന്ന ശിക്ഷയാണ് അവർ കണ്ട മേഘങ്ങൾ എന്ന് ഞാൻ എടുത്തു പറയുകയാണ് ഫലന്മാർ മുസ്തഖിലും അവരുടെ താഴ്വടകളുടെ നേരെ മേഘക്കൂട്ടങ്ങൾ മൃഗങ്ങളെപ്പോലെ മൃഗക്കൂട്ടങ്ങളെപ്പോലെ നടന്നെടുക്കുന്നത് കണ്ടപ്പോൾ ആരുതൊന്നും ഞങ്ങൾക്കിതാ മഴ കിട്ടാൻ പോകുന്ന മേഘങ്ങൾ എന്നവർ പറഞ്ഞു ബൽഭൂമി അല്ല നിങ്ങൾ പടച്ചവന്റെ മുമ്പിൽ എന്താ വരാത്തത് എന്താ വരാത്തത് എന്ന് നിർത്തി നിങ്ങൾ പ്രവാചകനെ പരിഹരിച്ച് ശിക്ഷയാണത് ബിഹി അദാബു അലിയും കടുത്ത ശിക്ഷയെ വലിച്ചു കൊണ്ടുവരുന്ന കാറ്റായിരുന്നു അത് എന്ന് ഖുർആൻ എടുത്തു പറയുന്നു അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ നാം അത് മനസ്സിലാക്കണം എന്നാൽ അള്ളാഹുബാൻ മോർജിതും നിലക്കും പല അത്ഭുതങ്ങളെന്ന് നിലക്കും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കാറ്റ് കീഴ്പെടുത്തിക്കൊടുത്ത സംഭവം ഖുർആാൻ പറയുന്നുണ്ട് വലിയ അങ്ങനെ അടിച്ചു വീശുന്ന കാറ്റിനെ ഒരു സ്ഥലത്തിൻ സാധിക്കുമാർ നാം കാറ്റ് അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു എല്ലാം അറിയുന്നവനാണ് നാം വേറൊരു സ്ഥലത്ത് സുഹൃത്ത് സഭയിൽ പറഞ്ഞ പോലെ അങ്ങനെ സുലൈമാൻ നബിക്ക് നാം കാറ്റ് കീഴ്പ്പെടുത്തി കൊടുത്തു അങ്ങനെ ഒരു മാസം സഞ്ചരിക്കേണ്ട വഴിദൂരം അദ്ദേഹം പ്രാതൽ അഥവാ ഉച്ചഭക്ഷണം കഴിക്കുന്ന ഒരു രാജ്യത്തും അദ്ദേഹം രാത്രി ഭക്ഷണം വേറെ രാജ്യത്തുമാണെന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെ മുപ്പത് ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തോളം സഞ്ചരിക്കേണ്ട വഴിദൂരം അദ്ദേഹത്തെ നിമിഷങ്ങൾ കൊണ്ട് കാറ്റുകൾ അദ്ദേഹത്തിന് കീഴ്പ്പെട്ട് കിട്ടിയ കാറ്റുമുഖേന അദ്ദേഹം സഞ്ചരിക്കുന്നു എന്ന് കുറയാൻ എടുത്തു പറയുന്നു അതൊരു തസ്കീറാണ് അത് കാറ്റിക്കൊണ്ടുണ്ടായ അള്ളാഹു ഹുസുബ്രഹാൻ അനുഗ്രഹിച്ച ഒന്നാണ് അതുകൊണ്ട് തന്നെ സാധാരണ നിലക്ക് കാറ്റ് വരുമ്പോൾ മേഘങ്ങൾ വരുമ്പോൾ നാം സാധാരണ കാലാവസ്ഥാ പ്രവചനം നടത്തും അടുത്ത പത്ത് മണിക്കൂറിനുള്ളിൽ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അങ്ങനെ കടലിലാരും പോകാൻ പാടില്ല കടൽ പ്രക്ഷുപ്തമാകും എന്നാൽ അതിനപ്പുറത്തേക്ക് പടച്ചവനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാറ്റും കോളും എടിനാദങ്ങളും കേട്ടപ്പോൾ പ്രവാചകന് തോന്നിയതുപോലെ വിശ്വാസികൾക്ക് തോന്നേണ്ടതുപോലെ അങ്ങനെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളും ശിക്ഷയും ഇതിനപ്പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് വിചാരമില്ല നിലമറിച്ച് പ്രവാചകനെ അപവദിക്കുകയും ആ പ്രവാചകന്റെ പേരിൽ സിനിമ ഉണ്ടാക്കുകയും എന്നിട്ട് അതി മോശമായ നിലക്ക് മനുഷ്യ ഭോചനത്തിന് വേണ്ടി മനുഷ്യ സംസ്കൃതിക്ക് വേണ്ടി വന്നിട്ടുള്ള ഒരു പ്രവാചകനെയും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും കടുത്ത മോശപ്പെട്ട പരാമർശങ്ങളിലൂടെ ഇടിച്ചു ചെയ്ത ഒരു ജനത അതിനെ കുറിച്ച് ഉയർന്നപ്പോൾ പറയുന്നത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ ഏത് ഒരാളെക്കുറിച്ചും അയാൾ എന്നാളില്ല പ്രവാചകനാകട്ടെ ഭരണാധികാരിയാകട്ടെ ലോകത്താരാകട്ടെ ആർക്കും ആരെക്കുറിച്ചും എന്ത് അഭിപ്രായങ്ങൾ പറയുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് നശിക്കാൻ അത് നമുക്കാരും ചോദ്യം പറ്റുമോ എന്ന് പോലും പറഞ്ഞ ജനത ആ ജനതയുടെ മേലാണ് അള്ളാഹു ഹുസുബെഹാനുഹത്താല ഇത്രയും വലിയ ദുരന്തങ്ങൾ ഒന്നിന് ഒന്നായി നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം അള്ളാഹുസുബെഹാനുഹത്താല അത്തരം ദുരന്തങ്ങളിലും നമുക്ക് രക്ഷ െ സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോട് ഞാൻ ഓർത്തുകയാണ് സഹോദരന്മാരെ ഈ രൂപത്തിൽ പടച്ചതമ്പുരാൻ മനുഷ്യ സമൂഹത്തെ പല രൂപത്തിലും പരീക്ഷിക്കും യും പല കിങ്കരന്മാരെയും പല പോക്കിരിമാരെയും പല വെല്ലുവിളിച്ച ആളുകളെയും അബ്ബാവ് നശിപ്പിച്ച കാര്യം കുറാൻ പരാമർശിക്കുന്നുണ്ട് സൂറത്തു അതിന്റെ നാൽപ്പതാം മതത്തിൽ സമുദായം അവരുടെ കൂട്ടത്തിലുണ്ട് നശിപ്പിക്കപ്പെട്ട സമുദായത്തിന്റെ കൂട്ടത്തിൽ അയച്ച സമുദായമുണ്ട് ലൂത്ത് നബിയുടെ ജനത സ്വവർഗരതി സ്ത്രീകൾക്ക് പകരം പുരുഷന്മാരെ ലൈംഗികമായ താല്പര്യത്തിന് ഉപയോഗപ്പെടുത്തിയിരുന്ന കടുത്ത ബാധകം അത് കുറ്റമാണ് എന്ന് പ്രവാചകാമരെ ബോധ്യപ്പെടുത്തിയിട്ടുമതിൽ പിന്മാറാൻ തയ്യാറല്ലാതെ പടച്ചവനോട് വെല്ലുവിളിച്ച ഒരു ജനതയെ ആ നാടൊട്ടാകെ അള്ളാഹു സുബാനും കടുത്ത പ്രകമ്പനം എടിനാദം പിടികൂടി മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞവരുണ്ട് സമൂദ സമൂഹ സമുദായത്തിൽ നശിപ്പിച്ച പോലെ നാം ഭൂമിയോളം അതിന്റെ അകന്തർഭാഗത്തേക്ക് തായ് ഭൂമി വിഴുങ്ങി കളഞ്ഞവരുണ്ട് കാറുവിനെ പോലെ നാം മുക്കി നശിപ്പിച്ചവരുണ്ട് വെള്ളത്തിൽ ഫിറാവിനെ പോലെ അള്ളാഹു ഒരിക്കലും അവരോട് അക്രമം ചെയ്തിട്ടില്ല അവരോട് തന്നെ അനീതി പ്രവർത്തിച്ചത് കാരണമാണ് ഈ കടുത്ത ശിക്ഷ അവർക്ക് വന്നപെട്ടത് പടച്ചവൻ ആരോടും ഒമാനബിൻ അടിമകളോട് അക്രമം ചെയ്തവൻ അള്ളാഹു അതുകൊണ്ട് തന്നെ പടച്ചവന്റെ ആ ക്രൂരമായ അല്ലെങ്കിൽ ശക്തമായ ആ പ്രതികാര നടപടിയെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം അതുകൊണ്ടാണ് മുഹമ്മദ് മുസഫലി വസ്ലാം പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും കാറ്റിനെ ചീത്ത പറയാൻ പാടില്ല കാറ്റടിക്കുമ്പോൾ എന്തൊരു കാറ്റ് എന്തൊരു ദുഷിച്ച കാറ്റ് പറയാൻ പാടില്ല നേരെ മറിച്ച് കാറ്റടിക്കുന്നത് കണ്ടാൽ എന്താണ് വിശ്വാസികൾ ചെയ്യേണ്ടത് മുഹമ്മദ് മുസഫ് പഠിപ്പിച്ചു ഹദീസാണ് ഹദീസാണ് ചൈതന്യത്തിൽ പെട്ടതാണ് नुद। नुद। ും വരും കാറ്റടിച്ചാൽ മഴ കിട്ടും കാരുണ്യം കിട്ടും കാറ്റടിച്ചാൽ ഉണ്ടാകും വീടുകൾ തകരും അതുപോലെ തന്നെ വെള്ളപ്പൊക്കമുണ്ടാകും പല പേമാരികളും പല നാശനഷ്ടങ്ങളും സംഭവിക്കും അങ്ങനെ അദാബിന്റെ കാറ്റുണ്ട് റഹ്മത്തിന്റെ കാറ്റുണ്ട് അതുകൊണ്ട് വലാക്കിൻ പക്ഷേ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക നന്മ ചോദിക്കുക ആ കാറ്റിന്റെ തിന്മയിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക കാറ്റിന്റെ നന്മ ചോദിക്കുക അള്ളാഹുവിനോട് കാറ്റിന്റെ ശരറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിനോട് ശരണം ചോദിക്കുക എന്ന് മുഹമ്മദ് മുസ്ഫ് ഫസർ അള്ളാഹു സ്വലം പറഞ്ഞു അതുകൊണ്ട് സഹോദരന്മാരെ നാം ഒന്നിനെയും കുറ്റം പറയലല്ല ഇത് അള്ളാഹുവിന്റെ കുതിരത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടതാണ് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അവന്റെ അയാത്തുകളിൽ പെട്ടതാണ് അതുകൊണ്ട് അള്ളാഹ് ഹുസുബ്രഹാൻ വത്താലയുടെ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള സജ്ജനങ്ങളിൽ അള്ളാഹു ഹുസുബ്രഹാൻ മുബോത്താല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ വളരെയധികം സംഹാരമൂർത്തിയായി വരുന്ന ഇത്തരം നാശങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു ഹുസുബ്രഹാൻ മുബത്താല മുസ്ലിംങ്ങളെയും അതുപോലെ തന്നെ മനുഷ്യരെയും എല്ലാ രാജ്യങ്ങളെയും അള്ളാഹ് ഹുസുബ്രഹാനോ തല രക്ഷപ്പെടുത്തുമാറാകട്ടെ ും കാണിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു സുബ്രഹാൻ കൂടി അള്ളാഹു രക്ഷപ്പെട്ട സ്വർഗത്തിൽ ഒരുമിച്ചുകൂട്ടി തരികയും اللهم افر لنا منوبنا وإصرافنا في أمرنا وصبت اقدامنا ونصرنا على القوم الكافرين ربنا طوفنا مسلمين وأنحقنا بالصالحين اللهم افر للمؤمنين والمؤمنات والمسلمين والمسلمات والنحياء منهم واللمباد إنك مجيب الدعوات يا قاضي الحجار اللهم جعل جمنا هذا جمع مرحومة و جعل تفرخنا من بعده تفرخ معصومة اللهم لا تجعل فينا ولا معنا شقيا ولا محرومة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى اله وصحبه اجمعين